ുന്നു യജ്ഞദാന തപസ്സുകളെ അപേക്ഷിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല കാരണം അതിനെ സംബന്ധിച്ച് പല ചോദ്യങ്ങളും ഉണ്ട് ആ ചോദ്യങ്ങൾക്ക് സമാനം പറയാൻ കഴിയത്തില്ല തഥാഹി അത് എന്തുകൊണ്ട് സഹിക്കാൻ പറ്റിയില്ല ആദ്യം പറയുന്നത് എന്താണ് ബ്രഹ്മനിത്യാസ അതിന്റെ കാര്യം എന്താണ് സാക്ഷാത്കാരം ബ്രഹ്മ ഉപാസനായ ബ്രഹ്മസ്വരൂപ സാക്ഷാത്കാര കാര്യം ആ കാര്യത്തിനാണ് കർമ്മങ്ങളെ അപേക്ഷിക്കേണ്ടത് അപ്പോ സാക്ഷാത്കാരം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം എങ്ങനെയുള്ള കാര്യം ഏത് രീതിയിലുള്ള കാര്യമാണ് കാരണം മീമാംസകര് കാര്യങ്ങളെ വേർതിരിച്ചിട്ടുണ്ട് അതിന് ഏത് കാര്യത്തിൽപ്പെടുത്താം അവിടെയും മീമാംസാ യുക്തികളനുസരിച്ചാണ് ചർച്ച ചെയ്യുന്നത് അല്ല ലൗകികമായ കാര്യം എന്നുള്ള അർത്ഥത്തിലല്ല ഉപ്പാദ്യുവാസ്യ സംയമനസ്യ പിണ്ട പിയോതി എന്നൊരു വാക്യമുണ്ട് നമ്മൾ ചപ്പാത്തിക്കും മറ്റും ആട്ട പഴിക്കുന്നത് പോലെ ഇപ്പൊ രോഡാവശ്യം എന്നുവെച്ചടയുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മാവ് പഴയ്ക്കുന്നതിനാണെന്ന് പറയുന്നത് സംയമനം എന്ന് പറയുന്നു ഇവിടെ പറയുന്നു സംയമനം എന്ന് പറയുന്നു മിശ്രം വെള്ളം ചേർത്ത് കുഴിക്കുക അപ്പൊ കുഴച്ചു കഴിഞ്ഞാൽ എന്തായി മാറും പിണ്ടോ സംയമനം ചെയ്തു കഴിഞ്ഞാ പിണ്ടാവും കാര്യം അപ്പൊ അതെന്തായി കുഴച്ചു കഴിഞ്ഞാൽ ഒരു അതിന്റെ കാര്യമായി അതുപോലെ അത് കാര്യമായി കുഴക്കുന്ന ക്രിയയുടെ കാര്യമായി എന്ത് അതുപോലെ നിത്യാസനമെന്ന് പറയുന്ന ക്രിയയുടെ കാര്യമാണോ എന്ത് സാക്ഷാത്കാരം അതിനാണോ കർമ്മങ്ങളുടെ ആവശ്യം അത് ആ കാര്യം എന്ന് പറയുന്നത് എങ്ങനെ ആട്ടവഴച്ച് വിരുളയുണ്ടാക്കുന്നത് പോലെ ഉള്ള ഒരു കാര്യമാണോ അങ്ങനെയുള്ള ഒരു കാര്യത്തിനാണോ എന്തിന്റെ അപേക്ഷ കർമ്മങ്ങളുടെ അപേക്ഷ നിത്യാസനം കർമ്മങ്ങളെ അപേക്ഷിക്കുന്ന അത്തരം ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉദാഹരണത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഇതുപോലെയാണോ ആട്ടമഴിച്ച് പെണ്ണുണ്ടാക്കുന്ന ഒരു കാര്യം പോലെ ഒരു കാര്യം അതാണോ ഈ സാക്ഷാത്കാരം അതിനുവേണ്ടിയിട്ടാണോ ഉപാസന കർമ്മങ്ങളെ അപേക്ഷിക്കുന്ന ശരി അതാണ് വികല്പ അസുഖത്വം ഏതാണ് ഓരോ വികല്പങ്ങൾ ഓരോ ചോദ്യം എന്താണ് പിണ്ടം സം എന്നുള്ള വിധി ആ വിധിയില് പറഞ്ഞിരിക്കുന്നതാണ് അതനുസരിച്ചുള്ള വിധിച്ച ഇവിടെ ഈ പിണ്ടോ എന്ന് പറയുന്നത് എന്താണ് ഉത്പാദ്യമാണ് ഇവിടെ കാര്യമാണെന്തം അതെന്താണ് ഉത്പാദ്യം ഉത്പാദ്യം എന്ന് പറയുന്നത് എന്താണ് ഒരു സാധനം ും മറ്റു സ്ഥാനത്ത് ഉണ്ടാക്കുകയാണ് ഉത്പാദിപ്പിക്കുകയാണ് അപ്പൊ ഇതിന് വൈദികന്മാർ പറയുന്ന എന്താണ് ഉത്പാദ്യമായ കാര്യം അതുപോലെ വ്യതിയസനത്തിന്റെ ഉത്പാദ്യമായ കാര്യമാണോ എന്ത് അതിനാണോ കർമ്മത്തെ വേഷിക്കുന്നു അങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കും പിന്നെ വികാരിയോ ആ യഥാ യഥാ അവഗാത ണോ അതായത് നിധ്യാസനത്തിന്റെ കാര്യമായ ബ്രഹ്മസാക്ഷാത്കാരം എന്താണ് അതൊരു വികാരിമായ കാര്യമാണ് എന്നാണ് ചോദിച്ചത് നേരത്തെ ചോദിച്ചെങ്ങനെയുള്ള കാര്യം ഇത് സാക്ഷാത്കാരം വികാരിയമായ കാര്യമാണ് ഏതുപോലെ മീമാംസര് പറയുന്നത് പോലെ വേദത്തിലൊരു വിധിയുണ്ട് വെച്ചാ നെല്ല് ഉരലിലിട്ട് ഇടിക്കുക ഇടിച്ചുകഴിഞ്ഞാൽ എന്ത് കിട്ടും അതാണ് വികാരി എന്ന് പറയുന്നത് നെല്ലിന്റെ നെല്ല് വികാരപ്പെട്ടതാണെന്ത് അതാണ് ഇവിടെ വികാരപ്പെട്ടു അപ്പൊ അതൊരു കാര്യമാണ് നെല്ല് ഇടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന അരി എന്ന് പറയുന്ന ഒരു വികാര്യമാണ് അപ്പൊ നിവ്യത്യാസനത്തിൽ നിന്നുണ്ടാകുന്ന സാക്ഷാത്കാരം നെല്ലടിച്ച് കിട്ടുന്ന അരി പോലെ വികാരിയമാണോ അതിനാണോ കർമ്മങ്ങളുടെ അപേക്ഷ എന്നാണ് മറ്റു കർമ്മങ്ങളുടെ അപേക്ഷ അതിനാണ് അത് അവഗന്തിയിൽ വിധിക്കുന്ന വിധിയിലൂടെ സിദ്ധിക്കുന്ന കാര്യമാണ് അപ്പൊ ഇത് രണ്ടാമത്തെ ഉദാഹരണം എങ്ങനെയുള്ള കാര്യത്തിനാണ് വികാരി വികാരിപായുധ അവഗാത സ്വീകരണം മൂന്നാമത് സംസ്കാരികോപായണസിലൂഖലാദേഹ എന്നാണ് ാണ് ഈ നെല്ലിനെ കുത്തുന്നത് പ്രോക്ഷണം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് മന്ത്രം പറഞ്ഞ് കുരൂഖലം എന്ന് പറഞ്ഞ എന്താണ് മുസലം എന്ന് പറഞ്ഞ അപ്പൊ ഇത് രണ്ടും പ്രോക്ഷണം ചെയ്തിട്ട് പിടിക്കാനാ വേദം തന്നെ പറഞ്ഞിരിക്കുകയാണ് പ്രോക്ഷണം പ്രോക്ഷിതാഭ്യാംഭ്യാം അപ്പൊ ഇവിടെ അങ്ങനെ ഉണ്ടാകുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിന് എന്താ പറയുന്നത് സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ പ്രോക്ഷണമെന്ന് പറയുന്നത് കാരണം ഇവിടെ ഈ പ്രോക്ഷണം എന്ന് പറയുന്ന ഒരു ഒരു ചടങ്ങാണ് ഒരു കീഴ് ഇത് നെല്ല് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടല്ല കുതിർക്കാൻ വേണ്ടിയിട്ടല്ല അങ്ങനെയുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല പിന്നെ എന്താ ചെയ്യുന്നത് മന്ത്രം പറഞ്ഞാൽ അതുകൊണ്ടൊരു അതിലൊരു സംസ്കാരി ഉണ്ടാവുന്നു അതുകൊണ്ട് അപൂർവം ഉണ്ടാകും ആർക്ക് ചെയ്യുന്നവന് അപൂർവം ഉണ്ടാവും അപൂർവത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഫലമാണ് ഇടിച്ച എന്ത് ഫലം ഉണ്ടാവുന്നത് ദുഷ്ടഫലം ഭൂമി നീങ്ങുക എന്ന് പറയുന്നത് ദുഷ്ടഫലം എന്ന് വെച്ചാൽ പ്രത്യക്ഷമായ ഫലമാണ് പക്ഷേ പ്രോക്ഷണത്തിൽ പ്രത്യക്ഷമായ ഫലമൊന്നുമില്ല ഒരു സകലം വെള്ളം തെളിച്ച് അവിടെ പ്രത്യേകിച്ച് അത് സംഭവിക്കുന്നു പക്ഷെ അധിഷ്ഠലമുണ്ട് അങ്ങനെ അധിഷ്ഠലം ഉണ്ടാകുന്നുകൊണ്ടാണ് ചെയ്ത ഇടിച്ചു കഴിഞ്ഞാൽ നില ഉണ്ടാവുന്നു എന്ന് പറയുന്നിടത്ത് അവിടത്തെ അരി ഉണ്ടാവുന്നു എന്ന് സംസ്കാരിയമായ സംസ്കാരത്തെ ഉണ്ടാക്കുന്നതായ ഒരു കാര്യമാണ് അവിടത്തേരി നേരത്തേ ഇങ്ങനെയുള്ളായിരുന്നു കാര്യം ഇത് സംസ്കാരികമാണ് അത് അപൂർവത്തെ ഉണ്ടാക്കുന്നു അപ്പോ നിധ്യാസനം ചെയ്തിട്ട് ഉണ്ടാകുന്ന കാര്യം സാക്ഷാത്കാരം ഇതുപോലെ സംസ്കാരിയമാണ് ചെയ്ത് സംഭവിക്കുന്ന അരിവരെ സംസ്കാരി യഥാ ദോഹനസ്യ പയ്യാഗത്തിനെന്ത് വേണം പാല് വേണം പാലിനുവേണ്ടി എന്തു ചെയ്യുന്നു പശുവിനെ കറക്കുന്നു ദോഹനം പശുവിനെ കറക്ക അപ്പൊ ദോഹനം എന്നുപറയുന്ന ക്രിയയിലൂടെ പ്രാപ്യം പ്രാപിക്കുന്നതാണ് എന്തിനെ നേടുന്നത് അതാണെന്ത് പാൽ അപ്പൊ ദോഹനമെന്ന് പറയുന്ന ക്രിയയിലൂടെ പ്രാപ്യമാകുന്ന കാര്യം പാൽ അതുപോലെ നിത്യാസനം എന്ന് പറയുന്ന ക്രിയയിലൂടെ സാക്ഷാത്കാരം എന്ന് പറയുന്ന പ്രാപ്യമായ കാര്യം അതിന് കർമ്മങ്ങളുടെ ആവശ്യമുണ്ടോ എന്ന് ഉദാഹരണങ്ങൾ ഈ നാലെണ്ണവും ഭാഷകാരനും പലയിടത്തും ഇത് ആവർത്തിക്കും പലയിടത്തും പല സ്ഥലങ്ങളിലും ഇതുവരും നാല് തരത്തിലുള്ള കാര്യങ്ങൾ നാല് തരത്തിലുള്ള കാര്യം എന്ന് നാല് തരത്തിലുള്ള പ്രവൃത്തികളും നാല് തരത്തിലുള്ള കാര്യങ്ങൾ ഉദാഹരണമൊക്കെ മാറി മാറി വരും പക്ഷെ ഇതെല്ലാം പൂർവ്വവിമാസമായിട്ട് ബന്ധപ്പെടുത്തി കൊണ്ട് അവിടുന്ന് ഉദാഹരണങ്ങൾ എടുത്ത് കൊടുക്കുകയാണ് ഇത് ഈ നാല് തരത്തിലുള്ള കാര്യങ്ങൾ വേദത്തിൽ മാത്രമല്ല ലോകത്തിനുണ്ട് ഇതുപോലെ നാല് തര നാല് കാര്യങ്ങൾ പക്ഷെ വേദത്തിൽ നിന്നുള്ള ഉദാഹരണമാണ് ഇവിടെ എടുത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ആദ്യം പറയുന്ന ഉത്പാദ്യം എന്ന് പറയുന്നടുത്ത് സംയമനം എന്ന് പറയുന്ന ക്രിയയിലൂടെ പ്പെട്ടമെന്ന കാര്യം ഉണ്ടാകുന്നു വികാരി എന്ന് പറയുന്നിടത്ത് അവഘാതം ഇടിക്കുക എന്ന് പറയുന്ന ക്രിയയിലൂടെ എന്താണ് വ്രേഹി എന്ന് പറയുന്ന വികാരിയമായ കാര്യമുണ്ടാകുന്നു പിന്നെ പ്രോക്ഷണം എന്ന് പറയുന്ന ക്രിയയിലൂടെ സംസ്കാര്യം എന്ന് പറയുന്ന കാര്യം ഉണ്ടാകുന്നു ഉലോവലാദി കാര്യങ്ങൾ അവിടെ സംസ്കാരിയമാണ് അതിന് മാത്രമേ പ്രത്യേകതയുണ്ട് അത് പുണ്യമാണ് പൂർവ്വമാണ് സമ്മതി പിന്നെ ദോഹനോ എന്ന് പറയുന്ന ക്രിയയിലൂടെ പാലം എന്ന് പറയുന്ന കാര്യം ഉണ്ടാകും അതിനേം പ്രത്യേകത കൊണ്ട് ഇതുപോലെ ഉത്പാദ്യം വികാര്യം ആപ്യം എന്ന് പറയുന്ന നാല് തരത്തിലുള്ള കാര്യങ്ങളെങ്കിലും ഒരു കാര്യമായി സാക്ഷാത്കാരത്തെടുത്തിട്ട് അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിതിയാസനം കർമ്മത്തെ അപേക്ഷിക്കുന്നുണ്ടോ നിത്യാസനത്തിനോടൊപ്പം കർമ്മം വേണമോ ഇതാണ് തോന്നുന്നത് ഇതിനാണ് വികല്പം എന്ന് പറയുന്നത് നാല് പക്ഷം നാല് കല്പം അസഹത്വം എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് മറുപടി വരാൻ കഴിയില്ല എന്ന് ഒരു പക്ഷിയോട് പറയാഓരോന്നിനും ഓരോന്നിനായിട്ട് ഫണിക്കുന്നു ആദ്യത്തെ ഇവിടെ ബ്രഹ്മ സാക്ഷാത്കാരം എന്ന് പറയുന്ന ഉത്പാദ്യമായൊരു കാര്യം അല്ലാതും പറയുന്നു അതുകൊണ്ട് അങ്ങനെ ബ്രഹ്മ സാക്ഷാത്കാരത്തെ ഉത്പാദ്യം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഉൾപ്പെടുത്താൻ ആ കാര്യത്തിന് വേണ്ടി നീതിയാസനം കർമ്മങ്ങളെ അപേക്ഷിക്കുന്നുണ്ട് ഇതാണ് ആദ്യം പറയുന്നു മനസ്സിലാവേ നിത്യതായ പൂർവക്ഷം എന്ന് പറയുന്നത് ചുരുക്കം ഇതാണ് ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് എന്താണ് അത് ബ്രഹ്മജ്ഞാനമാണ് ഈ ബ്രഹ്മെന്ന് പറയുന്നത് എന്താണ് ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ് ജ്ഞാനമാണ് ബ്രഹ്മെന്ന് പറയുന്നത് ജ്ഞാനമാണ് അപ്പൊ എന്താണ് ജ്ഞാനമാണ് സാക്ഷാത്കാരം എന്ന് ്രഹ്മാനാണ് ബ്രഹ്മ സാക്ഷാത്കാരം ജ്ഞാനമാണ് അപ്പം ബ്രഹ്മ സാക്ഷാത്കാരം എന്ന് പറഞ്ഞെന്തായി ബ്രഹ്മം തന്നെ ബ്രഹ്മം എന്താണ് ബ്രഹ്മസാക്ഷാത്കാരം എന്ത് ഞാനാണ് അപ്പൊ ബ്രഹ്മസാക്ഷാത്കാരം ഞാനാണ് എന്ന് പറഞ്ഞെന്തായി ബ്രഹ്മസാക്ഷാത്കാരം ബ്രഹ്മം തന്നെ അപ്പൊ ബ്രഹ്മം എന്ന് പറയുന്നത് ആണെങ്കിൽ അത് ഉത്പാദ്യമല്ല എന്തുകൊണ്ട് അത് ബ്രഹ്മസ്വരൂപമാണ് ബ്രഹ്മത്തെക്കുറിച്ച് എന്താ പറയുന്നത് സ്വരൂപമാണ് പൂർവക്ഷയുടെ അഭിപ്രായമാണ് സിദ്ധാന്തിന് അംഗീകരിക്കുക മനസിലായി ബ്രഹ്മന്ന് പറയുന്നത് എന്താണ് ബ്രഹ്മസാക്ഷാത്കാരം എന്താണ് ബ്രഹ്മസാക്ഷാത്കാരം ായത് കൊണ്ട് ബ്രഹ്മം ജ്ഞാനമായതുകൊണ്ട് ബ്രഹ്മ സാക്ഷാത് തന്നെ തന്നെ വേറിട്ട് ബ്രഹ്മ സാക്ഷാത്കാരം എന്ന് പറയുന്ന ഒന്ന് ഇല്ല അതുകൊണ്ട് ബ്രഹ്മത്തെ ഉത്പാദിപ്പിക്കാൻ പറ്റൂ അപ്പൊ എന്താണ് ബ്രഹ്മ നിത്യമാണ് സ്വയം പ്രവാസമാണ് അതിനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല അതിനുണ്ടാക്കാൻ പറ്റില്ലെങ്കി ബ്രഹ്മ സാക്ഷാത്കാരത്തെ ഉണ്ടാക്കാൻ പറ്റും ഉത്പാദ്യമുണ്ട് ബ്രഹ്മം തന്നെ ബ്രഹ്മത്തെ ഉണ്ടാക്കാൻ പറ്റും ഉത്പാദിപ്പിക്കാൻ പറ്റൂ ബ്രഹ്മത്തെ ഉത്പാദിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരത്തെ ഉത്പാദിപ്പിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് ബ്രഹ്മമായി എന്തുകൊണ്ടത് ബ്രഹ്മമായി ഇതുപോലെ ഞാൻ പറഞ്ഞു പറയും ബ്രഹ്മറവ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അതും അറിവ് തന്നെയാണ് അപ്പൊ അറിവിന ബ്രഹ്മനിത്യമാണ് അതിനെ ഉത്പാദിപ്പിക്കാൻ കഴിയില്ല അപ്പൊ ബ്രഹ്മസാക്ഷ ഉത്പാദിപ്പിക്കാൻ കഴിയില്ല അപ്പൊ ബ്രഹ്മസാക്ഷത് ഉൽപാദ്യമല്ല ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുന്ന കാര്യം ഉത്പാദ്യം ബ്രഹ്മമാണ് അങ്ങനെ ഉത്പാദ്യമല്ലെങ്കിൽ ഉത്പാദ്യമായ കാര്യം ആണെങ്കിൽ ആ ഭാവന വ്യതിഹാസനും കർമ്മത്തെ അപേക്ഷിക്കുന്ന പറഞ്ഞു ഇവിടെ ഇപ്പൊ കാര്യം അല്ല അപ്പോ അങ്ങനെ ഒന്നിനു വേണ്ടി ഭാവന കർമ്മങ്ങളെ അപേക്ഷിക്കും ധർമ്മസാക്ഷാത്കാരവും പറയുന്ന ഉത്പാദ്യം ആയ കാര്യമില്ല അതല്ലേ തന്നെ കാര്യമേ അല്ല അപ്പൊ ഉത്പാദ്യമായ ഒരു കാര്യത്തിന് വേണ്ടി വീതിയാസനം ധർമ്മത്തെ അപേക്ഷിക്കുന്നു പറയുന്നിടത്ത് ഇവിടെ പറ്റുമോ ഇപ്പിണ്ടത്തിന്റെ കാര്യം നോക്കുക അവിടെ പുരട്ടുന്നു അവിടുത്തെ കാര്യം എന്താണ് പിണ്ടം പിന്നു പറയുന്ന ആ കാര്യത്തിന് വേണ്ടി അവിടെ എന്തു യാഗം ഒരു കർമ്മത്തെ അപേക്ഷിക്കുന്നുണ്ട് ഏത് കർമ്മമാണ് ഉരുട്ടുക അസംയമനം യാഗം പിണ്ടോ കാര്യത്തിന് വേണ്ടി സംയമനം എന്ന് പറയുന്ന ഉരുട്ടനെ അതുപോലെ ഇവിടെ പറ്റുമോ നടക്കുന്ന കാര്യ അതാണ് ആദ്യം പറയുന്നത് അപ്പൊ മികൽ അസുഖം എന്ന് പറഞ്ഞാൽ ഇതാണോ ഞങ്ങളുടെ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി പറയാൻ ഉപാദ്യമായ കാര്യമായി സാക്ഷാത്കാരത്തെ സ്വീകരിച്ചിരുന്ന വിദ്യഹാസനം കർമ്മത്തെ അപേക്ഷിക്കുന്ന പറയാൻ കഴിയില്ല മനസിലാക്കേണ്ട കാര്യ അത് വിശദീകരിക്കുന്ന തവത് ഉപ്പാദ്യാൽ സാക്ഷാത്കാരം ഉത്പാദ്യം അല്ലോ ഘടാദി സാക്ഷാത്സാക്ഷാ അതിന്റെ പ്രത്യേകത എന്താണ് ഘടാദി സാക്ഷാത്കാരൈവ ജ്യോ ഘടാദിഭ്യോ ഭിന്നെ ഘടത്തിന്റെ സാക്ഷാത്കാരം ഉണ്ടാകും എനിക്ക് സാക്ഷാത്കാരം എന്ന് പറയുന്നത് എന്താണ് എവിടെ ഉണ്ടാകുന്നു എന്റെ ഉള്ളിലാണ് ഉണ്ടാകുന്നു ഘടം എവിടെയിരിക്കുന്നു ഈ ഘടം എന്താണ് ജഡം ജ്ഞാനവും ജഡത്തിൽ നിന്ന് ഭിന്നം ജഡത്തിൽ നിന്ന് ഭിന്നം ഇനി ഈ ഘടത്തിന്റെ സാക്ഷാത്കാരം എനിക്ക് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം ചക്ഷുരേന്ദ്രിയം ഇന്ദ്രിയ ജന്യമാണെന്ത് സാക്ഷാത്കാരം ഇന്ദ്രിയത്തിന്റെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്നുണ്ട് ഇന്ദ്രിയ അപ്പോ ഘടം പുറമേ സന്നിവേശം ഉണ്ടാകുന്നു സാക്ഷാത് ഉള്ളിൽ അപ്പോ അതിന്റെ പ്രത്യേകത എന്താണ് ആ ജ്ഞാനം ജഡമായ ഘടത്തിൽ നിന്ന് ഭിന്നമാണ് ജ്ഞാനത്തിൽ നിന്ന് ഭിന്നമാണ് ജഡമായ ഘടം ഘടത്തിൽ നിന്ന് ഭിന്നമാണ് സാക്ഷാത് ഘടാദി സാക്ഷാത്കാര ഇവ ഘടാതി വിഷയങ്ങളുടെ സാക്ഷാത്കാരം പോലെ സാക്ഷാത് സാക്ഷാത്കാര ജ്ഞാനം പോലെ ജഡസ്വഭാവ്യൂ ഘടാദിഭ്യൂ ജഡസ്വഭാവമായിരിക്കുന്ന ഘടകടാദികളിൽ നിന്നും ഭിന്നം ഭിന്നമാണെന്ത് ഇന്ദ്രിയാദി ആദ്ദേഹ ഇന്ദ്രിയാദിജന്യമായ അല്ലെങ്കിൽ ഇന്ദ്രിയാദികൾ കൊണ്ട് സാധ്യമായ അതുകൊണ്ട് ഇന്ദ്രിയം ഇന്ദ്രിയ സന്നിവേഷം ഇതെല്ലാം കൊണ്ട് സാധ്യമായ ബ്രഹ്മ സാക്ഷാത്കാരം എന്നേയ എന്താണ് ഘടാദിസാക്ഷാത്ഭാവീഭ്യോ ഘടാദിഭ്യോ ഭിന്ന മനസിലാക്കും ജഡസ്വ്യോ ഘടാദിഭ്യോ ഭിന്നിന്നമായിരിക്കുന്നു ഇവ അതുപോലെ ബ്രഹ്മസാക്ഷാത്കാരോ ഭാവനാദേഹ ആദ്യ അതുപോലെ ബ്രഹ്മ സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഭാവനാജന്യം സംഭവല്ല ഇവ ഞ്ഞതുപോലല്ല ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് ഭാവന സാധ്യമാകുന്നത് എന്താണ് ഘടസാക്ഷാത്കാരം പോലെയല്ല ഘടസാക്ഷാത്കാരം വേറെയാണ് ബ്രഹ്മസാക്ഷാത്കാരം വേറെയാണ് എന്താണ് ഘടസാക്ഷാത്കാരം ഇന്ദ്രിയ സാധ്യമാണ് ബ്രഹ്മസാക്ഷാത്കാരം ഭാവനാസാധ്യമാണത് സംഭവിക്കുന്നുണ്ട് എന്നാലും അത് എങ്ങനെയാണോ ഘട സാക്ഷാത്കാരം ഘട ഭിന്നായിരിക്കുന്നത് അതുപോലെ സാക്ഷാത്കാരം ബ്രഹ്മഭിന്നം അല്ല എങ്ങനെയാണോ ഘടസാക്ഷാത്കാരം ഇന്ദ്രിയജന്യമാണ് ഘട അതുപോലെ ബ്രഹ്മസാക്ഷാത്കാരം ഭിന്നമല്ല രണ്ടു വ്യത്യാസം അതെങ്ങനെയുള്ളത് ജഡസ്വഭാവിക ഭിന്ന ഘട സാക്ഷാത്കാരോ അങ്ങനെയാണ് ചോദിക്കുന്നത് ജഡസ്വഭാവമായ ഘടാധികളിൽ നിന്ന് ഭിന്നമായ ഘടകാക്ഷാത്കാരം പോലെ ബ്രഹ്മസാക്ഷാത്കാരോ ബ്രഹ്മ സാക്ഷാത്കാരം ഭാവന അതേ സംഭവം ഈ ഭാവന കൊണ്ട് ജന്യമാകുന്നത് സാധിക്കുന്നതല്ല എന്നുവച്ചാ ഭിന്നമല്ല നടത്തും എന്തുകൊണ്ട് ബ്രഹ്മണോ അപരാധീനപ്രകാശതയാ ബ്രഹ്മം അപരാധീനപ്രകാശമാണ് അപരാധീനപ്രകാശം എന്ന് വെച്ചാൽ പരാധീന പ്രകാശം അല്ല പരത്തിന് അധീനമായിരിക്കുന്ന പ്രകാശം അല്ല ബ്രഹ്മം ഘടകം എന്ന് പറയുന്നത് എന്താണ് പരാധീന പ്രകാശവും ഘടപ്രകാശം എന്ന് പറയുന്നത് അപരാധീന പ്രകാശമാണ് പരമായിരിക്കുന്ന ഇന്ദ്രിയ മനസ്സും ഇന്ദ്രിയ സന്നിവേഷം തുടങ്ങിയ പരങ്ങൾക്ക് അധീനമായാണ് ഘടപ്രകാശം ഉണ്ടാകുന്നത് ബ്രഹ്മ അങ്ങനെയല്ല അപരാധീന പ്രകാശവും അല്ലെങ്കിൽ സ്വയം പ്രകാശവും അപ്പൊ ബ്രഹ്മനോ സ്വയം പ്രകാശമില്ല ആ സ്വയം പ്രകാശമായതുകൊണ്ട് തത്സാക്ഷാത്കാരസ്യ ആ ബ്രഹ്മ സാക്ഷാത്കാരം തത്സാക്ഷാത്കാരം എന്താണ് ്രഹ്മസാക്ഷാത്കാരം എന്നാ ബ്രഹ്മസാക്ഷാത്കാരം തസ്വഭാവ്യം തസ്വരൂപം ബ്രഹ്മസാക്ഷാത്കാരം സ്വരൂപം തന്നെയാണ് നിത്യതയാ അതുകൊണ്ട് എന്താണത് നിത്യമാണ് ഉത്പാദ്യത്വ അനുഭവത്തി ഉത്പാദ്യം ആകില്ല രണ്ടും വ്യത്യാസമുണ്ട് ബ്രഹ്മ സാക്ഷാത്കാരം ഉത്പാദ്യം അല്ല ബ്രഹ്മസാക്ഷാത്കാര ബ്രഹ്മസ്വരൂപം തന്നെ ബ്രഹ്മം സ്വയം പ്രകാശമായ അറിവാണ് അതുകൊണ്ട് അത് നിത്യം ആണ് അതുകൊണ്ട് ബ്രഹ്മസാക്ഷാത്കാര ഉത്പാദ്യം അല്ല ഇതൊക്കെ പറയുന്നതാണോ സിദ്ധാന്തത്തിൽ എന്താ പറയും ബ്രഹ്മ സാക്ഷാത്കാരം ഉത്പാദ്യമാണ് മനസിലായ ബ്രഹ്മസാക്ഷാത്കാരം ബ്രഹ്മസ്വരൂപവും അല്ല അത് ബ്രഹ്മസാക്ഷാത്കാരമെന്ന് പറയുന്നത് മനോജന്യമാണ് ഇതാണെന്ത് പാമതികാരന്റെ സിദ്ധാന്തം അതാണ് ബ്രഹ്മസാക്ഷാത്കാരം അതിന് കാരണം എന്താണ് മനസ് മനസ് അപ്പൊ മനോജന്യമാണെന്ത് ബ്രഹ്മസാക്ഷത്കാരം ബ്രഹ്മമല്ല പിന്നെ ബ്രഹ്മത്തിൽ ഭിന്നമാണ് ഘട സാക്ഷാത്കാരം പോലെ ഭിന്നമാണ് ഘട സാക്ഷാത്കാരം എങ്ങനെയാണോ ഘടത്തിൽ നിന്ന് ഭിന്നമായിരിക്കുന്നത് അതുപോലെ ബ്രഹ്മ സാക്ഷാത്കാരം എന്താണ് ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമാണ് എന്തുകൊണ്ടാണ് ബ്രഹ്മ ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമെന്ന് പറയുന്നത് അത് വൃത്തിജ്ഞാനമാണ് കാർഷികകാരന് എല്ലാ ജ്ഞാനവും വൃത്തിജ്ഞാനം എല്ലാരും അംഗീകരിക്കും അംഗീകരിച്ചേ പറ്റും എല്ലാ ജ്ഞാനങ്ങളും എന്താണ് വൃത്തിജ്ഞാനം എന്ന് പറയുമ്പോ സ്വാഭാവികമാണ് അപ്പോ സ്വാഭാവികം എന്ന് പറയുമ്പോ എന്താണ് ബ്രഹ്മം എന്ന് പറയുന്നത് നിരുപാധികം ജ്ഞാനങ്ങളെല്ലാം എന്താവും സ്വാഭാവികമാവും അപ്പൊ അത് ബ്രഹ്മത്തിൽ നിന്ന് സ്വയംപ്രകാശമായ ബ്രഹ്മവും ജ്ഞാനവും വെക്കേറെ എന്നാൽ ഇങ്ങനെ പറയുമ്പം തന്നെ അന്ധികൾക്ക് വേറെ നിലപാടുകൂടെയുണ്ട് എല്ലാവരും അംഗീകരിക്കുന്നതാണ് എന്ത് ബ്രഹ്മജ്ഞാനം ബ്രഹ്മത്തിനോട് അഭിന്നവുമാണ് എന്തുകൊണ്ട് ാണ് ഞാനും ബ്രഹ്മത്തിൽ നിന്ന് അഭിന്നവും ഭിന്നമല്ല അഭിന്നവുമാണ് ബ്രഹ്മ ഒഴികെയുള്ള എല്ലാം എന്താണ് ബ്രഹ്മത്തിൽ നിന്ന് അഭിന്നമാണ് ഒന്നും ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നം അല്ല തനന്യത്വം അനന്യത്വ വ്യക്തി അനുസരിച്ച് കാരണം ബ്രഹ്മ ഭിന്നമായ എല്ലാം എന്താണ് ബ്രഹ്മത്തിൽ അധ്യസിച്ചിരിക്കുകയാണ് ബ്രഹ്മത്തിൽ അധ്യസിച്ചിരിക്കുന്ന കൊണ്ടും തന്നെ ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നം അതായത് പറയുന്നത് ഇതൊക്കെ പല പല യുക്തികളും പ്രക്രിയകളുമാണ് അപ്പൊ ഇത് കേട്ടുകൊണ്ട് ബ്രഹ്മജ്ഞാനം ബ്രഹ്മത്തിൽ നിന്ന് വേറെയാണെന്ന് പറഞ്ഞാൽ അത് ശരിയാണ് അല്ല ഇനി ബ്രഹ്മജ്ഞാനം ബ്രഹ്മത്തിൽ നിന്ന് വേറെയാളെന്ന് പറഞ്ഞാൽ അത് ശരിയാണ് എന്തുകൊണ്ട് ശരിയാവുന്നു ൊക്കെ വേറെ വേറെ യുക്തികളിലൂടെ സമർത്ഥിക്കുന്നു മനസ്സിലായ ബ്രഹ്മം ബ്രഹ്മജ്ഞാനം എന്ന് നാം പറയുന്ന എല്ലാ ഏർപ്പാടുകളും ശാസ്ത്രത്തിൽ വരുമ്പോ എങ്ങനെയാ ഏർ യുക്തിയിലൂടെ സമർത്ഥിക്കും കാരണം യുക്തിയിലൂടെ സമർത്ഥിച്ചാലേ വേറെ ആർക്ക് ഒരാൾ പറയാൻ എന്റെ അനുഭവം എന്ന് പറയാ ആർക്കെങ്ങനെ ബോധ്യപ്പെടും ബ്രഹ്മം ഭിന്നമാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ബ്രഹ്മത്തോട് അഭിന്നമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എന്തുകൊണ്ടേ പറ്റൂ വ്യക്തി കൊണ്ടേ പറ്റൂ അപ്പോ ശാസ്ത്രയുക്തികളിലാണ് സിദ്ധാന്തരൂപത്തിൽ ബ്രഹ്മവും ബ്രഹ്മജ്ഞാനവും എല്ലാം അദ്വൈതത്തിൽ നിലനിർത്തുന്നത് ഇതൊരിക്കലും മറക്കാൻ പാടില്ല മനസിലായ എന്താ പറഞ്ഞ കേട്ടത് ഒരു വാക്കി പറഞ്ഞോ എല്ലാം ചെയ്യാറുണ്ട് രണ്ടു വാക്കി പറഞ്ഞോണ്ട് സംബന്ധിച്ച് എന്താ ഞാൻ ഇപ്പൊ പറഞ്ഞത് പറഞ്ഞത് തന്നെ ആശയം തന്നെ ഞാൻ പറഞ്ഞ ആശയം തന്നെ പറഞ്ഞ സിദ്ധാന്തരൂപത്തിൽ എന്തിനാ തോന്നുന്നു ശാസ്ത്രം യുക്തി എന്ന് പറയുന്നത് അങ്ങനെ എങ്ങനെയും പറയാം തിരിച്ചും മറിച്ചും പറയാം അത് ഇത്രേ ഉള്ളു മണ്ണിൽ നിന്ന് കുടം വേറെയാണെന്നും പറയാം മണ്ണിൽ നിന്ന് കുടം വേറെയല്ലെന്ന് പറയും ഇതേ യുക്തി തന്നെ അവിടെ ഉപയോഗിക്കുന്നു മനസിലാക്കണം മണ്ണിൽ ശരിയാണ് പൂർണ്ണമായും ശരിയാണ് എന്ത് നമ്മുടെ തമ്മിൽ മണ്ണ് കൊണ്ട് ഇനി മണ്ണിൽ നിന്ന് കുടം വേറെയല്ലെന്ന് പറഞ്ഞാലും ഇത് വ്യക്തമായും മനസ്സിലാക്കണം മണ്ണിൽ നിന്ന് കുടം വേറെയല്ലെന്ന് പറഞ്ഞാലും എന്താണ് അത് ശരിയല്ല എന്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ കുടവുമുണ്ട് മണ്ണുണ്ട് ഈ പറയുന്ന യുക്തി ശരിയാണ് ഈ പറയുന്ന വ്യക്തി ശരിയായതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് ഇനി അടുത്തത് കുറച്ചു വിസിക്കുന്നു ബ്രഹ്മത്തിൽ നിന്ന് വേറെയാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാലും ആ പറയുന്ന യുക്തി ഈ നേരത്തെ പറഞ്ഞ വ്യക്തിക്കനുസരിച്ച് അത് ശരിയാണ് മണ്ണും കുടവും അല്ല ഇനി ബ്രഹ്മത്തിൽ നിന്ന് ബ്രഹ്മജ്ഞാനം വേറെ അല്ലെന്ന് പറഞ്ഞാലും എന്താണ് നേരത്തെ പറഞ്ഞ യുക്തി അനുസരിച്ച് അതും ശരിയാണ് ഇനി ഒന്നുകൂടെ മനസ്സിലാക്കും എന്താണ് ഈ രണ്ട് യുക്തികൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞെന്താണ് ബ്രഹ്മവും ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമാണ് ബ്രഹ്മജ്ഞാനം ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമല്ല ബ്രഹ്മജ്ഞാനം ഈ രണ്ട് യുക്തികളും ശരിയാണ് എങ്ങനെയാണെങ്കിൽ ണെങ്കിൽ ബ്രഹ്മവും ബ്രഹ്മജ്ഞാനും ഇല്ലെങ്കിലും ഈ പറഞ്ഞൊക്കെ ശെരിയാണ് മനസിലായ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് അങ്ങനെയാണെങ്കില് ബ്രഹ്മവും ബ്രഹ്മജ്ഞാനും ഇല്ലെങ്കിലും എന്തുകൊണ്ട് ശരി എന്ന് പറഞ്ഞ എന്തുകൊണ്ട് ശരിയെന്നു പറഞ്ഞ ഓ നമ്മുടെ തലേലൊന്നും കയറുന്നില്ല മണ്ണും കുടവും മനസിലായോ വേദാന്തത്തിന്റെ പോക്ക് മനസ്സിലാക്കണം അങ്ങനെയാണെന്ന് മണ്ണും കുടവും ഉണ്ടോ പറഞ്ഞ യുക്തി ശരിയാണോ ബ്രഹ്മത്തെ സംബന്ധിച്ച് പറഞ്ഞ യുക്തി ശരിയാണോ ബ്രഹ്മവും ബ്രഹ്മജ്ഞാനവും വേണമെന്നുണ്ടാ ഇതാ ഇത്രയും മണ്ണും കുടവും ഉണ്ടെങ്കിൽ ബ്രഹ്മവും ഉണ്ട് ബ്രഹ്മജ്ഞാനുമുണ്ട് മണ്ണും കുടവും ഉള്ളിടത്തോളം കാലംണ്ടാവും ബ്രഹ്മവും ഉണ്ടാവും അപ്പൊ നമ്മുടെ ചിന്തയെല്ലാം കിടന്ന് കളിക്കുന്ന എവിടെ എവിടെയാണ് കിടന്ന് കളിക്കുന്നത് മണ്ണിലും കുടത്തിലുമാണ് കിടന്ന് കറങ്ങുന്നത് മനസിലായോ നിങ്ങളുടെ യുക്തിയും ചിന്തയും ഒക്കെ ബ്രഹ്മത്തിൽ പോവു ബ്രഹ്മജ്ഞാനത്തിൽ പോവു അവിടെ നിന്നും എത്തത്തില്ല നിങ്ങളുടെയും കിടന്നു കറങ്ങുന്നതൊക്കെ എവിടെയാണ് മണ്ണും കുടവും ഇതി കിടന്ന് കറങ്ങിയാണ് കറങ്ങിട്ട് നമ്മൾ എന്തു ചെയ്യുന്നു നമ്മളെന്ത് ചെയ്യുന്നു നമ്മള് ചെയ്യുന്നത് ബ്രഹ്മവും ബ്രഹ്മജ്ഞാനവും ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ആണോ ആണോ അല്ലേ അതുകൊണ്ടാണ് പറയുന്നത് വേദാന്തം പഠിച്ചു തുടങ്ങുന്ന എന്തു വേണം നിത്യാനിത്യ വിവേകതോയും നിതരാർവേദമാകും വിവാൻത്ര സമാധിഷട്ട് സമാധിഷ്കങ്ങൾ ഏതൊക്കെയാണ് ശ്രദ്ധ വിശ്വാസം വേണം അപ്പൊ ഇതൊക്കെ ഒരു വിശ്വാസത്തിലാമ്പോട്ട് പോകുന്നത് ബ്രഹ്മവും ബ്രഹ്മജ്ഞാനവും പറയുന്നത് ഈ പറയുന്ന യുക്തിയിലൂടെ നിങ്ങൾ സമർത്ഥിക്കുമ്പോൾ ബ്രഹ്മവും ബ്രഹ്മജ്ഞാനവും നിൽക്കുന്ന ഇവിടെ നിങ്ങളുടെ വിശ്വാസത്തിലാണ് ഇവിടെ യുക്തി ബ്രഹ്മത്തിലോ ബ്രഹ്മജ്ഞാനത്തിലോ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിലും ബ്രഹ്മജ്ഞാനത്തിലും യുക്തി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന നമ്മുടെ വിശ്വാസമാണ് ശരിക്കും ആ യുക്തി പ്രവർത്തിക്കുന്ന എവിടെ മണ്ണിനും കുടത്തിലുമാണ് ഇതുകൂടെ മനസിലാക്കണം അദ്വൈതം മനസ്സിലാക്കണം ഇല്ലെങ്കിൽ വെറും കിഴങ്ങന്മാരായിപ്പോ മനസിലായോ ഇത്രയും കടന്നു മനസിലാക്കണം എങ്ങനെയാണ് അദ്വൈതത്തെ വിശദീകരിക്കുന്നത് ഇവരുടെ വിശദീകരണങ്ങളെല്ലാം വളരെ കറക്റ്റാണ് മണ്ണും കുടത്തെ സംബന്ധിച്ച് പറയുന്ന കാര്യം ആർക്കങ്ങനെ നിഷേധിക്കാൻ പറ്റുമോ അത് യുക്തിയാണ് യുക്തി എന്ന് ചേദിക്കാൻ പറ്റില്ല ഈ യുക്തിയുടെ ബലത്തിലാണ് അദ്വൈതത്തെ മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നത് ഇത്രയൊക്കെ പറയുമ്പോഴാണ് ചോദിക്കും ശരി യുക്തി ശരി എന്നാണോ പറഞ്ഞു അപ്പൊ നിങ്ങളീ പറയുന്ന ബ്രഹ്മവും ബ്രഹ്മജ്ഞാനവും ഇല്ലെങ്കിൽ പറയുന്നത് ശരിയാവും അപ്പം ബ്രഹ്മവും ബ്രഹ്മജ്ഞാനവും ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം അല്ലേ എന്തടിസ്ഥാനത്ത് വിശ്വസിക്കണം അതെ അത് വേദം പറഞ്ഞിരിക്കുന്നു വേദത്തി എവിടെ പറഞ്ഞിരിക്കുന്നു പുനുഷത്തിൽ എവിടെ പറഞ്ഞിരിക്കുന്നു നിങ്ങളീ പറയുന്ന പോലെ പുനഷത്തിൽ എവിടെയാ പറഞ്ഞിരിക്കുന്നു ആ അപ്പൊ പിന്നെ എന്ത് വേണം ഏ വ്യാഖ്യാനം വ്യാഖ്യാനം പറഞ്ഞാ ഈ യുക്തി തന്നെയാണ് വീണ്ടും എവിടെ വരണം യുക്തിയില് വരണം മനസിലായണം ബ്രഹ്മവും ബ്രഹ്മജ്ഞാനവും ഉണ്ടെന്ന് നിങ്ങള് വിശ്വസിക്കണം എന്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കും നേരത്തെ പറഞ്ഞ ഒരു ഇഷ്ടപ്പൂടെ വേദത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കണം ശരി വേദത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ എന്താണ് കാരണം മണ്ണും കുടവും ഇതുപോലെ അഭിന്നമാണ് ഭിന്നമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാമാനുജനോ മറ്റുള്ളവരോന്നും അംഗീകരിച്ചെന്ന് വരത്തില്ല ഇതാരു പറയുന്ന വ്യക്തിയാണോ അദ്വൈതയുടെ വ്യക്തിയാണ് അപ്പൊ വേദത്തിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളീ പറയുന്ന തരത്തിൽ ബ്രഹ്മം ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്ന വേദത്തിൽ എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ പറയും എന്തു പറയും ഭാഷ അദ്വൈത ഭാഷ അദ്വൈത ഭാഷ്യത്തിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നു ഈ യുക്തി യുക്തി എവിടെ എന്ന് ചോദിച്ച പോണം യുക്തി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണിലും കുടത്തിലും കൂടെ പോയി വിശ്വാസത്തിലൂടെ വേദത്തി പോണം മനസിലായോ വേദത്തിലെത്തിച്ചേരണം ഇനി വേദത്തിലെവിടെയെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം വേദത്തിൽ നിന്ന് ഇങ്ങോട്ടിറങ്ങി വന്നു ബ്രഹ്മത്തിലും ജ്ഞാനത്തിലും നടന്നു വന്ന് എവിടെ വരണം മണ്ഡലും കുടത്തിലും അദ്വൈതിയുടെ സർക്കാ സർക്കാണെങ്കിൽ പറയാ അദ്വൈതി ആൾക്കാരെ കൊണ്ട് ഇത് അംഗീകരിപ്പിക്കുന്ന എങ്ങനെയാണ് മനസിലാകും യുക്തിയിൽ നിന്ന് വേദത്തിലേക്ക് പോകും വേദത്തിൽ നിന്ന് യുക്തിയിലേക്ക് പോകും അതിന് അദ്വൈതികളെന്ന് പറയും ശ്രുതിക്കനുസരിച്ചുള്ള യുക്തി എന്ന് പറയും ഞങ്ങളീ പറയുന്ന എന്താണ് ശ്രുതിക്കനുസരിച്ചുള്ള വ്യക്തിയാണോ പറഞ്ഞിരിക്കുന്നത് ശ്രുതി എന്ന് പറഞ്ഞ ശ്രുതിയുടെ വ്യാഖ്യാനം വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അത് തന്നെ വ്യക്തി തന്നെ ഇത് ഇതിനകത്ത് കുറച്ച് ഗുരുമാനുണ്ട് അപ്പൊ ആൾക്കാർ തർക്കിക്കാൻ വരും ഇങ്ങനെ പറഞ്ഞു നിങ്ങളീ പറയുന്നതിന് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ മനസിലായോ നിങ്ങളീ പറയുന്ന ഇതിലെന്തോ ഒരു കൊഴപ്പണ്ടോന്നു തോന്നുന്നില്ല േദം വേദം വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്ക് പറയുന്നതിനകത്ത് മൊത്തം എന്തോ ഒരു വശലശ ഇല്ലേ ഏ അങ്ങനെ പറഞ്ഞാ പറ്റില്ല ഇതെങ്ങനെ പരിഹരിക്കും ഇതെങ്ങനെ പരിഹരിക്കും നിങ്ങളാണെങ്കി എങ്ങനെ പരിഹരിക്കും ആ അത് ആൾക്കാർ കഴിഞ്ഞാൽ കടന്ന് ചോദിച്ചു പറയും ഞങ്ങളുടെ അനുഭവമാണ് ഇതെല്ലാം എന്താണ് ഞങ്ങളുടെ അനുഭവമാണ് ഈ പറയുന്ന ബ്രഹ്മം ബ്രഹ്മജ്ഞാനം ഒക്കെ ഇനി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് എങ്ങനെ പറയണം ഓർപ്പിച്ചു പറയണം ആൻ സൗജന്യമുണ്ടെങ്കിൽ വിശ്വസിക്കട്ടു നമ്മള് പറയുന്നു ഒരിക്കലും കൂടെ താഴ്ത്തം പറയുന്ന ചോദിച്ചു ബാലകൃഷ്ണൻ നായർ സാർ പറഞ്ഞു നമ്മളേതെന്ത് ചെയ്യണം ഉറപ്പിച്ച് പറയണം ഏ നമ്മളേതങ്ങ് ഉറപ്പിച്ച് പറയണം കൊറേ പേരൊക്കെ വിശ്വസിക്കും കുറെ പേര് വിശ്വസിക്കും എന്താ വായിക്കൊള്ളട്ടെ സാറെപ്പഴും പറയുന്നത് വേണം നല്ല ഉറപ്പ് വേണം ഇതാരം എന്ത് ചെയ്യണം ഉറപ്പ് വേണം ഇത് ഉറപ്പിച്ചു പറയാന്നുള്ളതാണ് എന്റെ വുഡൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തരികയാണ് എല്ലാരും പറഞ്ഞു കൊടുക്കുന്നതല്ല എല്ലാരും ഇതൊന്നും പറയത്തില്ല മനസിലായി